പല ദൈവചനങ്ങളിലൂടെ ഉത്സാഹിപ്പിക്കപ്പെട്ടുകൊണ്ട് ഇരിക്കുകയായിരുന്നു റോമലേഖനത്തിൽ ഇങ്ങനെ കർത്താവ് എന്ന ഒരു പ്രയോഗം പല ഉപയോഗിച്ചിട്ടുള്ള ഒരു ലേഖനമാണ് റോമലേഖനം റോമലേഖനം പത്താം അധ്യായത്തിൽ അവിടെ പറയുന്നുണ്ട് വചനം നിനക്ക് പത്താം അധ്യായത്തിന് എട്ടാം വാക്യം മുതൽ വചനം നിനക്ക് സമീപമായി നിൻ്റെ വായിലും നിൻ്റെ ഹൃദയത്തിലും ഇരിക്കുന്നു അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസവചനം എന്ന് പറയുന്നു അതിനെ തുടർന്ന് വായിക്കുന്നത് യേശുവിനെ കർത്താവ് എന്ന് വായിക്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു എന്ന് അതിനുശേഷം പറയുന്നു അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തിനും ലജിച്ചു പോകുകയില്ല എന്ന് തിരുവഴുത്ത് അരളി ചെയ്യുന്നു അവൻ വിശ്വസിക്കുന്നവൻ ഒരുത്തിനും ലജിച്ചു പോകുകയില്ല എന്ന് തിരുവഴുത്തിൽ അരളിച്ചിരുന്നുവല്ലോ ഞാൻ ഈ ദൈവചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു ദൈവത്തിൻ്റെ ഈ വാഗ്ദത്വങ്ങളൊക്കെ നാം ഒരു ഒരു ദൈവം ആഗ്രഹിക്കുന്ന ഒരു അടിസ്ഥാനത്തിൽ നമ്മൾ നിലനിൽക്കുമ്പോഴാണ് ഈ വാഗ്ദത്തങ്ങളൊക്കെ നമുക്ക് ആപ്ലിക്കബിളാകുന്നത് നാം ഒരു നല്ല കർഷകൻ്റെ കയ്യിൽ ഇണങ്ങുന്ന വിത്തുകളായി കരിഞ്ചീരകവും ഗോതമ്പും ഒക്കെയായി ആ കർഷകൻ്റെ കയ്യിൽ നാം ഇണങ്ങിയിരിക്കുന്ന വിത്തുകളായി ആ വിത്തുകൾ കർഷകൻ്റെ കയ്യിൽ കൊടുക്കുമ്പോൾ ആ കർഷകൻ ആ വിത്തിനെ മനസ്സിലാക്കി വിത്തിൻ്റെ വിത്തിൻ്റെ ഫ്രെയിം മനസ്സിലാക്കി വിത്തിൻ്റെ ടെക്സ്ചർ മനസ്സിലാക്കി വിത്തിൻ്റെ പ്രകൃതം മനസ്സിലാക്കി ആ യജമാനായ കർഷകൻ ആ രീതിയിൽ പെരുമാറുന്നു നമ്മുടെ ഒരു ഈ രീതിയിൽ തന്നെ തന്നെ സമർപ്പിച്ച ഒരു ദൈവമകൻ്റെ ദൈവമകളുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ തരത്തിലുള്ള പരീക്ഷകൾ പരിശോധനകളുടെ മധ്യത്തിൽ അതിനെ അളന്ന് തിട്ടമാക്കി നോക്കിയിട്ടാണ് ഈ പിതാവ് അവരുടെ ജീവിതത്തിലേക്ക് അനുവദിക്കുന്നത് എന്നാൽ അതിനു പ്രിയ സ്വരസ്വരന്മാരെ നിങ്ങളെ സംബന്ധിച്ചോളം നമ്മെ ഓരോരുത്തരെ സംബന്ധിച്ചോളവും നിങ്ങളുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ അവിടുന്ന് എൻ്റെ കർത്താവാണ് എൻ്റെ ജീവിതത്തിൻ്റെ കർത്താവാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഉടയവനാണ് എൻ്റെ ജീവിതത്തിൻ്റെ യജമാനാണ് എൻ്റെ ജീവിതം മുഴുവനും ദൈവത്തിൻ്റെ കരങ്ങളിൽ ഞാൻ പൂർണ്ണമായി ഏൽപ്പിച്ചിരിക്കുന്നു അവിടുത്തെ ഇഷ്ടം പോലെ എൻ്റെ ജീവിതത്തിൽ ഏത് രീതിയിലും എന്നെ നടത്താം എന്ന തരത്തിൽ നമ്മുടെ ജീവിതത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ കേൾക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് വളരെയധികം ഉത്സാഹവും നമുക്ക് ബലവും നമുക്ക് പകരുന്ന കാര്യമാണ് ഒരു ഏതോ ഒരു ദേവദാസന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇഫ് ജീസസ് ഇസ് നോട്ട് ലോഡ് എഫ് ഓൾ ഹീ ഇസ് നോട്ട് ലോഡ് അറ്റ് ഓൾ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാം അതായത് യേശു നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവിടുന്ന് കർത്താവ് അല്ല എൻ്റെ കർത്താവേ നമ്മളിൽ പലരും നമ്മുടെ ജീവിതത്തിൻ്റെ ഈ മേഖലയിൽ ആ കർത്താവെ നീ ഏറ്റെടുത്തോണം പക്ഷേ ഈ മേഖല അത് എൻ്റേതാണ് എൻ്റെ ബിസിനസ്സിൻ്റെ കാര്യത്തിൽ കർത്താവെ ഇടപെടണ്ട എൻ്റെ ജോലിയുടെ കാര്യത്തിൽ ഇടപെടേണ്ട എൻ്റെ കോളേജ് ജീവിതം അതിലിടപെടേണ്ട അല്ലെങ്കിൽ എൻ്റെ ഇന്ന കാര്യം അതിലിടപെടേണ്ട പക്ഷേ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയും കർത്താവെ ഞാനിതാ അങ്ങ് എൻ്റെ കർത്താവാണ് എൻ്റെ ഭാവി എൻ്റെ ജീവിതം മുഴുവനും അങ്ങയുടെ കാര്യങ്ങളിൽ ഞാൻ ഏൽപ്പിച്ചു തരുന്നു എന്ന് പറയുമ്പോൾ നമ്മെ സംബന്ധിച്ചോളം നമുക്ക് അതിലൊരു വലിയ സുരക്ഷിതത്വമുണ്ട് നമ്മെ സ്നേഹിക്കുന്ന ഒരു പിതാവ് സകലത്തിൻ്റെ നിയന്ത്രണമുള്ള ഒരു ദൈവം ആ ദൈവം എൻ്റെ പിതാവാണ് അവിടെ എൻ്റെ കർത്താവാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിന് ഒരു നല്ല അടിസ്ഥാനം ഉണ്ടാവും അപ്പോഴാണ് അങ്ങനെയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം യേശുക്രിസ്തു ഗത്സവനത്തോട്ടത്തിൽ അവിടെ പ്രാർത്ഥിക്കുമ്പോൾ അവനെ ജീവിതത്തിൽ നമുക്കൊക്കെ ജീവിതത്തിൽ പല താല്പര്യങ്ങൾ പല ഇഷ്ടങ്ങൾ ഓരോ സമയത്ത് പല കാര്യങ്ങളുണ്ട് അപ്പം കർത്താവ് പ്രാർത്ഥിച്ചു കർത്താവേ ഈ പാനപാത്രം നീങ്ങിപ്പോകണം എന്നെനിക്ക് താല്പര്യമുണ്ട് പക്ഷേ എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം എൻ്റെ ജീവിതത്തിൽ നിറവേറണം കർത്താവ് എൻ്റെ ഹിതമല്ല ഈ സാഹചര്യത്തിൽ എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം എൻ്റെ ജീവിതത്തിൽ നിറവേറണം എന്ന് പറയുന്ന ഒരു മനോഭാവത്തിലേക്ക് ഒരു അവസ്ഥയിലേക്ക് ഒരു വ്യക്തി ഒരു സഹോദരന് ഒരു സഹോദരി ഒരു കുഞ്ഞു ഒരു ചെറുപ്പക്കാരന് വന്നു കഴിയുമ്പോൾ അവരെ സംബന്ധിച്ചോളം എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഒരു നല്ല പിതാവ് അളന്ന് തൂക്കി എൻ്റെ ജീവിതത്തിൽ നൽകുന്ന എല്ലാ കാര്യങ്ങളും അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ കരങ്ങളിലേക്ക് എന്നെ സ്നേഹിക്കുന്ന ഈ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു അവിടുന്ന് എൻ്റെ പിതാവാണ് എൻ്റെ കർത്താവാണ് എൻ്റെ യജമാനനാണ് എനിക്ക് എൻ്റെതായിട്ടുള്ള ഇഷ്ടങ്ങളില്ല കർത്താവ് എൻ്റെ അങ്ങയുടെ ഇഷ്ടമാണ് എൻ്റെ ജീവിതത്തിൽ നിറവേറേണ്ടത് അങ്ങനെയുള്ളൊരു വ്യക്തിയെ സംബന്ധിച്ചോളം നമുക്ക് നമ്മുടെ ക്രിസ്ത്യ ജീവിതം വളരെ വളരെ എളുപ്പമുള്ളതാണ് നമുക്ക് എന്ത് എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും അതിൻ്റെ മധ്യത്തിൽ എന്നെ അറിയുന്ന എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഒരു കർത്താവുണ്ട് അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മളിപ്പോൾ ഈ ചിന്തിച്ച വാക്യങ്ങൾ തന്നെ നമ്മൾ ഒരു പ്രാവശ്യം കൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒന്ന് കുരുന്തിയർ പത്താം അധ്യായം ഒന്ന് കുരുന്തിയർ പത്താം അധ്യായത്തിൽ ഒന്നുകൊരുതീർ പത്താം അധ്യായത്തിൽ ഞാൻ ഈ ഈ ഇടയായിട്ട് ഇങ്ങനെ ചില ബൈബിൾ പോർഷൻ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ അതിൻ്റെ മുകളിലും താഴെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ അതിനോട് അങ്ങനെ ചേർന്ന് അതിൻ്റെ കോൺടക്സ്റ്റ് കുറച്ചുകൂടെ ഒന്ന് സൂക്ഷ്മമായിട്ട് നോക്കുന്ന ഒരു പതിവ് ഈ ഇടയായിട്ടുണ്ട് ഇവിടെ ഈ ഒന്നുകൊരിതീർ പത്താം അധ്യായത്തിൻ്റെ പതിമൂന്നാം വാക്യം വായിച്ചിട്ട് അവിടെ പറയുന്നത് മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല ദൈവം വിശ്വസ്തൻ നിങ്ങൾക്ക് കഴിയുന്നതിന് പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിക്കുവാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കു ഉണ്ടാക്കും അതുകൊണ്ട് പ്രിയന്മാരെ വിഗ്രഹാരാധന വിട്ടോടുവീൻ പെട്ടെന്ന് നമുക്ക് തോന്നും ഇത് യാതൊരു കണക്ഷനും ഇല്ലാത്തതുപോലെ അതുകൊണ്ട് പ്രിയന്മാരെ വിഗ്രഹാരാധന വിട്ടോടുവീൻ എന്താ ഇതിൻ്റെ അർത്ഥം അപ്പോൾ എന്നിട്ട് നമുക്കത് മനസ്സിലാകുന്നില്ല നിങ്ങൾ വിവേകികൾ എന്ന് വെച്ച് ഞാൻ പറയുന്നു ഞാൻ പറയുന്നത് വിവേചിക്കുകയും എന്നാണ് പൊലൂസ് പറയുന്നത് അപ്പോൾ അതിൻ്റെ അതിൻ്റെ മുമ്പിലുള്ള പോർഷൻസൊക്കെ നോക്കിയാലോ മുമ്പിലുള്ള പോർഷൻസ് എന്താ പറയുന്നത് ഇസ്രായേൽ മക്കൾ അവർ മരുഭൂമിയിൽ കൂടെ നടന്നപ്പോൾ അവർക്ക് അവർക്ക് ഒത്തിരി വിഗ്രഹങ്ങളുണ്ടായിരുന്നു അവർക്ക് ബാഹ്യമായ വിഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അവർക്ക് അല്ലാതെ തന്നെ പല വിഗ്രഹങ്ങളുണ്ടായിരുന്നു അവർ തന്നെ അവർക്ക് വിഗ്രഹമായിരുന്നു അവരുടെ വയറ് അവർക്ക് വിഗ്രഹമായിരുന്നു അവരുടെ രുചി അവർക്ക് വിഗ്രഹമായിരുന്നു അത് എല്ലാം കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് അവര് ദുർമോഹികളായി അത് നമുക്ക് ദൃഷ്ടാന്തമായി ഭവിച്ചു എന്നൊക്കെ പറഞ്ഞ് അതിനുശേഷം അവർ ഈ രീതിയിൽ തങ്ങളെ തന്നെ സേവിച്ചുകൊണ്ടിരുന്ന തങ്ങളുടെ തങ്ങളുടെ സ്വന്ത ഇഷ്ടങ്ങളെ സ്വന്തം താല്പര്യങ്ങളെ സേവിച്ചുകൊണ്ടിരുന്ന ഒരു ജനം ആ രീതിയിൽ അവർ പെറുപിടുത്തു അവർ ഈ രീതിയിൽ മുമ്പോട്ട് പോയി മുമ്പോട്ട് പോയി കഴിഞ്ഞിട്ട് അതിനെ തുടർന്ന് പൗലോസപ്പ സുലൻ പറയുന്ന പറയുക ലേഖനം എഴുതുമ്പോൾ കുറെ വിശ്വാസികളോട് പറഞ്ഞു നിങ്ങൾ അങ്ങനെ ആകരുത് നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പരീക്ഷകൾ വരുമ്പോൾ ഒരുപക്ഷേ നിങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുകൾ വരുന്നു നിങ്ങളുടെ മരുഭൂപ്രയാണത്തിൽ നിങ്ങൾക്ക് പ്രയാസങ്ങൾ വരുന്നു ബുദ്ധിമുട്ടുകൾ വരുന്നു അവിടെ നിങ്ങൾക്ക് ഇപ്പോൾ കുടിക്കാൻ വെള്ളമില്ല നിങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും ചില സാഹചര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ അവിടെ പെരുപുറിക്കരുത് അവിടെ സ്നേഹിക്കുന്ന നിങ്ങൾക്കായി കരുതുന്ന എല്ലാറ്റിൻ്റെ നിയന്ത്രണമുള്ള ഒരു നല്ല കർത്താവുണ്ട് ആ കർത്താവിൽ നിങ്ങൾ ആശ്രയിക്കണം ആ കർത്താവിൽ നിങ്ങൾ വിശ്വസിക്കണം നിങ്ങൾ ഈ രീതിയിൽ പെരുപുരുക്കുന്നവരും നിങ്ങൾ തന്നെ ഒരു വിഗ്രഹമായി നിങ്ങൾക്ക് മാറരുത് അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ദൈവം നിങ്ങൾ ഞാൻ പറയുന്നത് നിങ്ങൾ കാണുക നിങ്ങൾ വിശ്വസിക്കുക നിങ്ങളുടെ കഴിവിനു മീതെ ഒരു പരീക്ഷയും നിങ്ങൾക്ക് നേരിടുകയില്ല മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല ദൈവം വിശ്വസ്തനാണ് നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ അവൻ സമ്മതിക്കുകയില്ല നിങ്ങൾക്ക് സഹിക്കുവാൻ കഴിയേണ്ടതിൻ്റെ പരീക്ഷയോടു കൂടെ അവിടുന്ന് പോക്കു വഴിയും ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് അവരെ വിശ്വാസത്തിൽ ഉറപ്പിച്ചിട്ട് പറയുന്നു നിങ്ങൾ വിഗ്രഹാരാധന നിങ്ങൾ വിഗ്രഹാരാധന വിട്ടുകൊടുവീൻ നിങ്ങൾ നിങ്ങൾ അങ്ങനെ വിഗ്രഹാരാധികളാകരുത് പ്രിയ സൗരസൗരന്മാരെ പലപ്പോഴും നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ പറയുന്നു അവിടുന്ന് കർത്താവാണ് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മളെ തന്നെ നമ്മുടെ സ്വയത്തെ നമ്മൾ വിട്ടുകൊടുത്തിട്ടുണ്ടോ കർത്താവേ ഇപ്പോഴും ഞാൻ തന്നെയാണോ വിഗ്രഹം പലപ്പോഴും നമ്മുടെ ജീവിത സാഹചര്യങ്ങളുടെ നമ്മുടെ പ്രയാസങ്ങളിലൂടെ നടത്തി നടന്നു പോകുമ്പോൾ നമ്മൾ എന്താ പറയുന്നത് എന്നാലും എനിക്കിങ്ങനെ വന്നല്ലോ എന്നാലും ഞാനും ഈ സാഹചര്യത്തിലൂടെ കടന്നു പോകേണ്ടി വന്നല്ലോ എന്നാലും എനിക്ക് ഇങ്ങനെ ഞാനും ചില തീവ്രമായ അനുഭവങ്ങളിലൂടെ കടന്നു പോയ ശേഷമാണ് ഞാൻ പറയുന്നത് അപ്പം നിങ്ങളൊക്കെ അതിലും ചെറുതുമായ പല പാർപ്പറേഷനുകളിലൂടെ കടന്നു പോകുമ്പോൾ എന്നാലും എനിക്ക് എന്തുകൊണ്ട് എനിക്കിങ്ങനെ എന്തുകൊണ്ട് ഒരുപക്ഷെ നമ്മൾ അത്രയധികം അങ്ങനെ പരാതി പറയുന്നില്ലായിരിക്കാം നമ്മുടെ ചുറ്റിനുമുള്ള ഇന്നത്തെ ക്രിസ്തീയ ലോകം അത് മനുഷ്യനിൽ കേന്ദ്രീകൃതമായ ഒരു ക്രിസ്തീയതയാണ് അവര് ഉയർത്തിപ്പിടിക്കുന്നത് ദൈവത്തിൽ കേന്ദ്രീകൃതമായ ദൈവം ഉയർന്നവനായി ദൈവത്തിന്റെ മുമ്പാകെ തങ്ങളെ തന്നെ താഴ്ത്തുന്ന ദൈവത്തിന്റെ മുമ്പാകെ തങ്ങളെ തന്നെ ഹീൽഡ് ചെയ്യുന്ന ദൈവത്തെ കർത്താവായി കാണുന്ന ഒരു ക്രിസ്തീയതയല്ല ഇന്ന് പ്രോത്സാഹിപ്പിക്കപ്പെടുന്നത് അതിൻ്റെ മധ്യത്തിൽ നമുക്ക് പറയാനായിട്ട് കഴിയുമോ കർത്താവെ എനിക്ക് എൻ്റെ മുമ്പിൽ മറ്റ് വിഗ്രഹങ്ങളില്ല എൻ്റെ ഇഷ്ടം അതെൻ്റെ വിഗ്രഹമായി എൻ്റെ മുമ്പിൽ നിൽക്കുകയില്ല ഞാൻ എനിക്ക് മുമ്പിൽ ഒരു വിഗ്രഹമായിരിക്കുകയില്ല കർത്താവെ അങ്ങയുടെ ഇഷ്ടമാണ് എനിക്ക് വേണ്ടത് അങ്ങയുടെ താല്പര്യമാണ് എനിക്ക് വേണ്ടത് അങ്ങനെ പറയുമ്പോൾ ഇവിടെ പലതരത്തിലുള്ള ആളുകളുണ്ട് നമ്മുടെ സഭകളിലും നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ സഭയിലുള്ള എല്ലാ ആളുകളും വളരെ ഈ തരത്തിൽ കർത്താവിന് വേണ്ടി തന്നെ പൂർണ്ണമായി അർപ്പിച്ചു കൊടുത്തവരല്ല എന്നുള്ളതാണ് യഥാർത്ഥം പലരും ഇങ്ങനെയുള്ള മീറ്റിങ്ങുകളിൽ അതിവിടെ മാത്രമല്ല കേരളത്തിലും പല പല സ്ഥലങ്ങളിലും നല്ല സന്ദേശങ്ങൾ കേൾക്കാം എന്ന് താല്പര്യപ്പെട്ട് മറ്റു സ്ഥലങ്ങളിലുള്ള പണം സ്തോത്ര ആഴ്ച എടുക്കുന്നില്ല ഇവിടെ ഒത്തിരി കൺവീനിയൻസസ് ഉണ്ട് ഉച്ച കഴിയുമ്പോൾ ഭക്ഷണമുണ്ട് അത് എല്ലാ സഹോദരന്മാരും നല്ല കൂട്ടായ്മയുണ്ട് ഇത് നല്ലൊരാ നല്ലൊരു സ്ഥലമാണ് എന്ന് പറഞ്ഞ് വരുന്ന ഒത്തിരി ആളുകളുണ്ട് അതിവിടെയും മറ്റു പല സ്ഥലങ്ങളിലുമുണ്ട് എന്നാൽ അതിൻ്റെ മധ്യത്തിൽ പ്രിയ സഹോദര പ്രിയ സഹോദരി നിങ്ങൾ നിങ്ങളെ തന്നെ കർത്താവിന് പൂർണ്ണമായി സമർപ്പിച്ച് ആ രീതിയിൽ എൻ്റെ ഇഷ്ടമല്ല ദൈവത്തിൻ്റെ ഇഷ്ടം എനിക്ക് വേണം അവിടുന്ന് എൻ്റെ കർത്താവാണ് എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവിടുന്ന് കർത്താവായി അവിടുന്ന് വാഴണം അവിടുത്തെ ഇഷ്ടപ്രകാരം എനിക്ക് ജീവിക്കണം എന്ന് പറഞ്ഞ് നിങ്ങളെ തന്നെ സമർപ്പിച്ച ഒരു വ്യക്തിയാണോ അങ്ങനെയാണെങ്കിൽ ദൈവവചനത്തിലെ എല്ലാ വാഗ്ദത്തങ്ങളും നിങ്ങൾക്കുള്ളതാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് റോമാലേഖനം എട്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തിയെട്ടാം വാക്യം ആ വാഗ്ദത്വം അത് നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ ആഴമായി എഴുതപ്പെടേണ്ട ഒരു വാ വാഗ്ദിത്വമാണ് റോമാ ലേഖനം എട്ടിന്റെ ഇരുപത്തിയെട്ട് എന്താണ് പറയുന്നത് അവിടെ പറയുന്നു എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും സകലവും സകലവും നന്മയ്ക്കായി കൂടി എന്ന് നാം അറിയുന്നു നമ്മുടെ ഉള്ളത്തിൽ ആ ഒരു ഉറപ്പുണ്ടാവണം എൻ്റെ ജീവിതത്തിൽ ഇന്ന് നടക്കുന്ന ഒരുപക്ഷേ ബാഹ്യമായിട്ട് എനിക്കതൊരു ബുദ്ധിമുട്ടുള്ള പ്രയാസമുള്ള ഒരു സാഹചര്യമായിട്ട് തോന്നുന്നു ഒരു പക്ഷേ അത് അത്ര സുഖകരമായ ഒരു സാഹചര്യമല്ല എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എന്നെ കർത്താവ് നിർണ്ണയപ്രകാരം വിളിച്ചിട്ടുണ്ട് ഞാൻ കർത്താവിൻ്റെ മകനാണ് ഞാൻ കർത്താവിൻ്റെ മകളാണ് അങ്ങനെ ദൈവത്തെ സ്നേഹിക്കുന്ന എനിക്ക് സകലവും സകലവും സകലവും ഇന്ന് എനിക്ക് സന്തോഷകരം ആയിട്ട് തോന്നാത്ത ഈ സാഹചര്യം ഇന്ന് എനിക്ക് സന്തോഷകരമായി തോന്നുന്ന ഈ സാഹചര്യം എൻ്റെ ഈ നഷ്ടം എൻ്റെ ഈ നേട്ടം എൻ്റെ ഉയർച്ച എൻ്റെ ഈ താഴ്ച എൻ്റെ ഈ ഞെരുക്കം എൻ്റെ ഈ വിശാലത ഇതിൻ്റെയൊക്കെ മധ്യത്തിൽ ദൈവമേ അങ്ങേക്കൊരു ഉദ്ദേശമുണ്ട് ദൈവമേ അങ്ങേക്കൊരു പദ്ധതിയുണ്ട് അങ്ങയുടെ ഹിതത്തിനായി കർത്താവേ അങ്ങയുടെ പർപ്പസിന് വേണ്ടിയാണ് അങ്ങയുടെ പർപ്പസ് എൻ്റെ ജീവിതത്തിൽ നിറവേറുന്നതിന് വേണ്ടിയാണ് ഇത് അങ്ങ് അനുവദിക്കുന്നത് എനിക്ക് സകലവും നന്മയ്ക്കായി എന്ത് നന്മയ്ക്കായി ഇരുപത്തിയൊമ്പതാം വാക്യം അവൻ മുന്നറിഞ്ഞവരെ നാം എപ്രായ ലീനത്തിൽ നാം വായിച്ചു അവൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് ഇരുപത്തി ഒമ്പതാം വാക്യത്തിൽ അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു അവൻ്റെ സുപുത്രൻ്റെ സ്വരൂപത്തോട് അവൻ്റെ സ്വ അവൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് നമ്മെ മുൻ ഓ എത്ര എത്ര മനോഹരമായ ഒരു വാഗ്ദത്വമാണ് അവൻ ആദ്യജാതനാകേണ്ടതിന് എന്ന് പറഞ്ഞാൽ അതിന് ശേഷം നാം ഒക്കെ യേശുവിൻ്റെ സഹോദരന്മാരായി സഹോദരിമാരായി യേശുവിൻ്റെ കാൽച്ചവീടുകളെ പിൻപറ്റി മുമ്പോട്ട് പോകുവാനായി എൻ്റെ ജീവിതത്തിൽ കർത്താവ് പല തരത്തിലുള്ള കർത്താവ് അനുവദിക്കുന്നു എല്ലാം എൻ്റെ ആത്യന്തികമായി നന്മയ്ക്കായിട്ട് ദൈവം എന്നുള്ളത് എത്ര എത്ര നല്ലൊരു വാഗ്ദത്വമാണ് നമുക്ക് ഈ ഒരു ദൈവവചന സത്യങ്ങളിൽ നമുക്ക് ഉറക്കാം പ്രിയസുരസന്മാരെ നിങ്ങളിലാരെങ്കിലും നിങ്ങളെ തന്നെ പൂർണ്ണമായി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച ദൈവത്തിൻ്റെ വാഗ്ദത്വങ്ങൾ മുഴുവനും ഈ രീതിയിൽ നമുക്ക് സ്വായത്തമാക്കി ദൈവം നൽകുന്ന സമാധാനത്തിൽ നമുക്ക് ജീവിക്കുവാൻ കഴിയാത്തതിൻ്റെ യഥാർത്ഥത്തിലുള്ള കാരണം നാം ഈ രീതിയിൽ അവിടുത്തെ കർത്താവായി അവിടുത്തെ കരമുള്ള ബലമുള്ള കരങ്ങളിൽ നമ്മുടെ മുഴുവൻ ജീവിതത്തെയും നാം ഏൽപ്പിച്ചു കൊടുത്തിട്ടില്ല എന്നതും നാം കാണണം നമ്മൾ അങ്ങനെ ആവുമ്പോൾ ചില സമയത്ത് ദൈവം നമ്മളോട് ടഫായിട്ട് ഡീൽ ചെയ്യും ചില സമയത്ത് ബ്രദർ നേരത്തെ വായിച്ചതുപോലെ ജീരകം ആയിട്ട് ദൈവം കണ്ട് നമ്മുടെ ഫ്രെയിം അറിഞ്ഞ് നമ്മെ ചെറിയ വടി കൊണ്ടായിരിക്കും അടിക്കും ചില സമയത്ത് അവിടുന്ന് നമ്മൾ ഗോതമ്പാണ് എന്ന് മനസ്സിലാക്കി കർത്താവ് ചിലപ്പം മെതിവണ്ടിയിലൂടെ കർത്താവ് കയറ്റും അങ്ങനെ കയറ്റുന്ന സാഹചര്യത്തിലും നമുക്ക് പിരിപിറുപ്പില്ല എന്നലെൻ്റെ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ പിതാവാണ് ആ പിതാവ് എന്നെ രൂപാന്തരപ്പെടുത്തുവാനായിട്ടാണ് ഈ സാഹചര്യം അനുവദിക്കുന്നത് ചിലപ്പം ഈ മെതി വണ്ടിയൊന്നുമല്ല അതിനേക്കാട്ടിലും വലിയ വണ്ടിയായിരിക്കും ചിലപ്പോൾ കയറ്റി വിടുന്നത് അതും നമ്മൾ യശയാവിൻ്റെ പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായത്തിൽ നാം വായിച്ച ആ ഭാഗങ്ങൾ നാം എടുത്തു നോക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ബാക്ക്ഗ്രൗണ്ടും അതിൻ്റെ പശ്ചാത്തലത്തിലും അവിടെ പറയുന്നത് ചില ആളുകൾ കുറേ ടഫായിട്ടുള്ള ആളുകളാണ് അവർ ഇതിനെക്കാട്ടിലും ഒക്കെ വളരെ ടഫാണ് അവർ ഗോതമ്പോ ഒന്നുമല്ല അതിനെക്കാട്ടിലും ടഫായിട്ടുള്ള ആളുകൾ അവിടെയുണ്ട് അവരെക്കുറിച്ച് ഇരുപത്തിയെട്ടിൻ്റെ പതിനാല് മുതലുള്ള വാക്യങ്ങൾ അവിടെ നാം വായിക്കുന്നു ചില ആളുകൾ അവരെ സംബന്ധിച്ചോളം അവർ പതിനഞ്ച് മുതലുള്ള വാക്യങ്ങൾ ഞങ്ങൾ മരണത്തോട് സഖ്യതയും പാതാളത്തോട് ഉടമ്പടിയും ചെയ്തിരിക്കുന്നു പ്രവഹിക്കുന്ന ബാധ ആക്രമിക്കുമ്പോൾ അത് ഞങ്ങളോട് അടുത്ത് വരികയില്ല എന്ന് പറഞ്ഞ് ഒരു ഫോൾസ് കംഫർട്ടിലാണ് അതായത് ദൈവത്തെ അവരുടെ യജമാനാക്കിയിട്ടില്ല അവർ സ്വന്തം ഇഷ്ടത്തിനും സ്വന്തം താല്പര്യങ്ങൾക്കും അനുസരിച്ച് പോകുവാനായി താല്പര്യപ്പെടുന്ന ആളുകൾ എന്നിട്ട് ദൈവവചനം വാഗ്ദത്തമായിട്ട് അവരെ ഏറ്റുപിടിക്കുകയാണ് ഏറ്റുപിടിച്ചിട്ട് അവരൊരുതരം വഞ്ചനയിൽ ആയിരിക്കുന്നു വഞ്ചനയിൽ ആയിരിക്കുന്ന ആളുകളോട് അവർ അവർ ഞങ്ങൾ പോഷ്കിനെ ശരണമാക്കി വ്യാജത്തിൽ ഒളിച്ചിരിക്കുന്നു പോഷ്കിനെ ശരണമാക്കി വ്യാജത്തിൽ ഒളിച്ചിരിക്കുന്നു ഒരു ഇരുട്ടിൽ അവരായിരിക്കുന്നു അങ്ങനെയുള്ള ആളുകൾ അവിടെ പറയുന്നത് അവര് പതിനേഴാം വാക്യം ഞാൻ ന്യായത്തെ അളവ് അളവ് ചരടും നീതിയെ തൂക്കുകട്ടയുമാക്കി വയ്ക്കും കന്മഴ വ്യാജശരണത്തെ നീക്കിക്കളയും വെള്ളം ഒളിപ്പിടത്തെ ഒഴുക്കിക്കൊണ്ടുപോകും അപ്പം അവിടെ ഈ മെതിവണ്ടി ഇക്കളം വലിയ കന്മഴയാണ് വീഴുന്നത് ഇവിടെ വെള്ളത്തിൻ്റെ ഒരു ഒരു തിരത്തള്ളലാണ് വരുന്നത് ആ തിരത്തള്ളലിലൂടെ പലപ്പോഴും ചിലപ്പോൾ ഇങ്ങനെയുള്ള വ്യാജത്തിലും ഈ തരത്തിലുള്ള ഇരുട്ടിലും ഒളിച്ച് ഞാൻ കുഴപ്പമില്ല എന്ന് വിചാരിച്ച് ആ രീതിയിൽ ഇരിക്കുമ്പോൾ ദൈവം അങ്ങനെയുള്ള പ്രത്യേക ചില സാഹചര്യങ്ങളെ അനുവദിച്ച് ചില കണ്മഴയും വെള്ളവും ഒഴുക്കി അപ്പോഴാണ് മനസ്സിലാവുന്നത് ഓ ഇതാണ് എൻ്റെ ഹൃദയത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള അവസ്ഥ ഇതാണ് എൻ്റെ ഹൃദയത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള അവസ്ഥ ദൈവത്തിൻ്റെ മുമ്പാകെ നാം നമ്മുടെ സമർപ്പണത്തെ നാം ശോധന ചെയ്യാനും ദൈവത്തിൻ്റെ മുമ്പാകെ കർത്താവേ ഞാൻ ആരാണ് ഞാൻ യഥാർത്ഥത്തിൽ എൻ്റെ ഹൃദയം എന്താണ് ഞാൻ യഥാർത്ഥത്തിൽ കർത്താവ് എന്താണ് ഞാൻ അന്വേഷിക്കുന്നത് എൻ്റെ ലക്ഷ്യം എന്താണ് ഞാൻ മുഴുവനുമായി അങ്ങേ എൻ്റെ കർത്താവായിട്ട് ഞാൻ സ്വീകരിച്ചിട്ടുണ്ടോ അങ്ങയുടെ ഹിതത്തിനുവേണ്ടി ഞാൻ എൻ്റെ ജീവിതത്തെ ഏൽപ്പിച്ച് തന്നിട്ടുണ്ടോ അങ്ങനെ ഏൽപ്പിച്ച് കൊടുത്തിട്ടുള്ള ഒരു കൊച്ചു സഹോദരനാകട്ടെ കൊച്ച് സഹോദരിയാകട്ടെ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളുടെ ജീവിതം നിങ്ങൾ കർത്താവിൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം ഭദ്രമാണ് കർത്താവിൻ്റെ വാക്തൃത്വങ്ങളെല്ലാം നിങ്ങൾക്കുള്ളതാണ് അവിടുന്ന് ഒരു നാളും നിങ്ങളെ തള്ളിക്കളുകയില്ല അവിടുന്ന് വിശ്വസ്തനാണ് നിങ്ങളെല്ലൊരു പ്രവൃത്തി ആരംഭിച്ചവൻ അത് അവസാനത്തോളം പ്രവൃത്തി തികയ്ക്കും ആ പ്രവൃത്തി അവൻ ചെയ്തുകൊണ്ടിരിക്കും അവിടുന്ന് നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങളോടൊപ്പമുണ്ട് എന്നാൽ നാം നമ്മെ തന്നെ പൂർണ്ണമായി അർപ്പിക്കാതെ ഒരു തരം കാപട്യ സുരക്ഷിതത്വത്തിലേക്ക് വരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ദൈവത്തിന്റെ കന്മഴയും ദൈവത്തിന്റെ വെള്ളവും ദൈവത്തിന്റെ ശക്തമായ വചനവും നിങ്ങളെ നിങ്ങളുടെ ഇരുട്ടിൽ നിന്ന് നിങ്ങളുടെ ഒളിപ്പിടത്തിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ പര്യാപ്തമുള്ളതാണ് മതിയായതാണ് ജീവിത സാഹചര്യങ്ങളിലൂടെ നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിൻ്റെ വചനത്തിന് കഴിയും അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് പറയുന്നത് അത് ഇരുവായ്ത്തലയുള്ള വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ് ഹൃദയത്തിൻ്റെ നിലവുകളെയും വിജ പുറത്തു കൊണ്ടുവരുന്നതാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ നിലവുകളെ പുറത്തു കൊണ്ടുവന്ന് നമ്മുടെ ഹൃദയത്തിൻ്റെ ആന്തരികമായി കന്മൽ കന്മഷങ്ങളെ വെളിയിൽ കൊണ്ടുവന്ന് നമ്മെ നേരായ മാർഗ്ഗത്തിൽ നയിക്കുവാൻ ദൈവത്തിൻ്റെ വചനം നമ്മുടെ കാലുകൾക്ക് ദീപവും നമ്മുടെ പാതയ്ക്ക് പ്രകാശവുമായി നമ്മുടെ ജീവിതത്തിൽ നമ്മെ മുമ്പോട്ട് നടത്തട്ടെ ഈ വചനം പറഞ്ഞു കഴിഞ്ഞ് നമുക്ക് ഇരുപത്തിയെട്ടാം അധ്യായത്തിന്റെ ഇരുപത്തിയെട്ടാം അധ്യായത്തിൻ്റെ അവസാനവാക്യം പറയുന്നത് ആദ്യം ഈ കാര്യ ഈ രീതിയിലുള്ള ശക്തമായ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ കുറിച്ച് പറഞ്ഞ് അതിനുശേഷം സ്നേഹിക്കുന്ന ഒരു പിതാവ് ആളുകളെയും വ്യക്തമായി മനസ്സിലാക്കി ജീരുകത്തെയും അതുപോലെ കരിഞ്ജീരുകത്തെയും ഗോതമ്പിനെയും ഒക്കെ മനസ്സിലാക്കി ആ രീതിയിൽ പെരുമാറുന്ന ദൈവം ഇതൊക്കെ രണ്ടും പറഞ്ഞിട്ട് ഇരുപത്തിയെട്ടാം അധ്യായത്തിൻ്റെ അവസാനവാക്യത്തിൽ പറയുന്നു അവൻ അതിനെ ചതച്ചു കളയുകയില്ല എന്നൊക്കെ എന്ന് പറയുന്നു അപ്പം ആദ്യത്തെ ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടലും ഇപ്പോൾ ദൈവത്തിൻ്റെ ആർദ്രമായ ഇടപെടലും ഇതെല്ലാം അതും സൈന്യങ്ങളുടെ ഹോവയിൽ നിന്ന് വരുന്നു അവൻ ആലോചനയിൽ അതിശയവും ജ്ഞാനത്തിൽ ഉത്കൃഷ്ടതയും ഉള്ളവനാകുന്നു അവൻ ആലോചനയിൽ അതിശയവും ജ്ഞാനത്തിൽ ഉത്കൃഷ്ടതയും ഉള്ളവനാകുന്നു ആലോചനയിൽ അതിശയമുള്ള എല്ലാ ചിന്റെ മേലും നിയന്ത്രിക്കുന്ന എല്ലാം തക്ക സമയത്ത് ചെയ്യുന്ന ആ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ നമുക്ക് താണിരുന്ന് ദൈവഹിതത്തിനായി നമ്മെ തന്നെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം അങ്ങനെയാകുമ്പോൾ നമ്മുടെ ക്രിസ്ത്യ ജീവിതം അത് വളരെ മനോഹരമായി സമാധാനമുള്ള ഒരു ജീവിതം നമ്മുടെ നമുക്ക് ദൈവം നൽകും നമ്മുടെ ജീവിതത്തിൽ വ്യതിയാനമുണ്ടാവും നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസമുണ്ടാവും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്വരൂപത്തേക്ക് നമുക്ക് കൂടുതൽ അടുത്തു വരുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കും ആമേൻ